ൂറിയ അളവറ്റരുളാളനും നികുടയോ ഇവേം യാവരെയും മികത്തോനും മിക്കോനുമാകിയ അല്ലാഹുവിടം ഇരുന്നേ ഇറക്കി അരുളപ്പെട്ടത് മോമീൻ കളിക്കാനിലും ഭൂമിയും അത്താക്ഷികൾക്കും ഉണ്ടെ പഠിത്തും അവൻ ഉയർകയിൽ ഉറദിയുള്ള സമൂഹത്താർക്ക് അത്താക്ഷികൾ അല്ലാഹ് ഇറക്കി വെച്ച് ഇറന്നുപോന ഭൂമിയെ അതേ കൊണ്ട് ഉയർപ്പിപ്പതിലും കാട്ടുകൾ മാറി മാറി വീസിലും അറിവുടയ സമൂഹത്താർക്ക് അത്താക്ഷികൾക്കുടേ വസനങ്ങൾ ഇവൈ നബിയേ ഉം മീത് ഉടൻ ഓദി കാണിക്കോ അല്ലാഹുക്കും അവനുടേ വസനങ്ങൾക്കും പിന്നെ ഇവർ എവ് വിഷയത്തെത്ത നമ്പുകൾ സത്യത്തെ പുറക്കണിത്ത് കപ്പന ചെയ്യും പാവികൾ യവരു കേടുതാ തൻമീത് ഓദി കാട്ടപ്പെടും അല്ലാഹുടേ വസനങ്ങളെ കിട്ടു പെരുമയടി കൊണ്ട് അവൻ അതെ കേളാത പോലെ തൻ നിരാകരിപ്പിൽ പിടിവാദം പിടിവാദം ചെയ്തു മറക്കുക അത്ത നോദിനും വേദനയെ കൊണ്ട് നന്മാരായം കൂടുവീരങ്ങളിലും അവൻ അറിഞ്ഞുകൊണ്ടാൽ പരിഹാസമാ അത്ത ഇഴിതരും ഉണ്ട് അവർക്ക് നരകം ഇരുക്ക അവർ സമ്പാദിത്ത് കൊണ്ടതിൽ എപ്പോഴും അവർക്ക് പയൻ തരാത് അല്ലാഹവ അന്റി എവറ്റ അവർ പാതു എടുത്ത് കൊണ്ടാകളോ അവയും അവ പയൻ തരാത് അവർക്ക് മാപെ വേദനയും ഉണ്ട് ഇത് കുറാനും നേർവഴികാട്ടിയാകും യവർ തമ്മുടെ റപ്പിൻ വസനങ്ങളെ നിരാകരിത്ത് വിട്ടോ അവ നോവിനെ മികു കഠിന കപ്പലുകൾ അവൻ കട്ടളയെ കൊണ്ട് കടലിൽ പൊരുട്ടും നിങ്ങൾ അവനുടേ അരുളെ തേടിക്കൊള്ളും പൊരുട്ടും അവനുക്ക് നന്ദി സെലത്തും പൊരുട്ടും ഉണ്ടു കടല വശപ്പെടുത്തി കൊടുത്തവൻ അല്ലാൻ അവനെ വാനങ്ങളിൽ വശപ്പെടുത്തി അക്ഷൻ കൊണ്ടവർക്ക് അല്ലാഹുടേ ദണ്ടെക്കാൻ നാടകളെ നമ്പാദവർ മന്നിട്ട് അവാഹുവിടം പരഞ്ചാട്ടി വിടപ്പും ജനങ്ങൾക്ക് അവർ തേടിക്കൊണ്ട വിനയ്ക്ക് തക്ക പല അവൻ കൊടുപ്പ നല്ല അമലൈ ചെയ്തോ അത് അവരുടെ നന്മയാണ് അവരുക്കേ തീമയാകും പിന്നെ ഉള്ള ഇറവേണ്ട നിശ്ചയമാ നാം ഇസ്രായലിന് സന്തതിയർക്ക് വേലത്തെയും അധികാരത്തെയും നുപത്തെയും കൊടുത്തോ അവ മനമായ ഉണ വസടികളെയും കൊടുത്തോ അതിൻ്റെ അഖിലത്താറിലെ മേന്മയാക്കിനോ അവ മക്ക വിഷയത്തിൽ തെളിവാന കട്ട് കൊടുത്തോ എനും അവർക്ക് ഇടയേ ഉണ്ടാമയ അവാനം വന്ന പിന്നും അവർ അഭിപ്രായ ഭേദം കൊണ്ടാൽ നിശ്ചയമാകും ഇവൻ അവർ എതിൽ അഭിപ്രായ ഭേദം കൊണ്ടിരുന്നോ അതിൽ ക്യാമനാളിൽ അവർപ്പുവാൻ ഇവൻ പിന്ന ഉരീരത്തിൽ മാര്ക്കത്തിൽ ഒരു നേരാന വഴിയുള്ളോ ആകെ അറിയാമെടുക്കുന്ന അവൻ വിരുപ്പങ്ങളെ നിശ്ചയമാതോ ഉദവിയും വിടാ ഇന്നും നിശ്ചയമാനുയായക്കാരെ ചിലരു പാതുവലുകളി ഉടയവർക്ക് അല്ലാഹുവേ പാതുവലൻ ആവാൻ ഇത് കുർ മനുഷ്യ അത്താക്ഷികളെ കൊണ്ടതാകും ഉറിയാണ് നമ്പിക്കുടേ സമൂഹത്താർക്ക് നേർവഴിയാകും അരുളാകവും നക്കർമ്മങ്ങൾ അവക്കി വിടുവോം എണ്ണുക അവർ ഉയരുടെ ഇരുപ്പതും മരണമെടും സമമാകുമാ അവർ മുടി കൊണ്ടത് മികവും കെട്ടതാകും വാനങ്ങളെയും ഭൂമിയെയും അല്ലാ ഉടൻ തക്ക കാരണത്തെ കൊണ്ടേ പടൈത്തുള്ള ഒവ്ോർ ആത്മാവുക്കും അത് തേടിക്കൊണ്ടതൊടുക്കപ്പെടുവ അനുയായം ചെയ്യപ്പെടാം നബിയേര മനോ ഇച്ഛയെ ദൈവമാക്കിക്കൊണ്ടാണോ അവനെ നീർ പാർട്ടീരാളും അറിന്തേ അല്ലാഹ് അവനെ വഴികേട്ടിൽ വിട്ടു അവനുടേ കാൾ മീതും ഇരുദയത്തിന് മീതും മുത്തരയിട്ട് ഇന്നും അവനുടേ പാർവ മീതും തരയെ അമിത്ത് വിട്ട അല്ലാഹുക്ക് പേര് അവനുക്ക് നേർവഴി കാണിപ്പവർ യാമേ മറമ്പാതെ അവർ ഉലയ്യോം തവര എം നമ്മ അഴിപ്പതില്ലേ കൂടുക അവർ ഇതുപറ്റി കപ്പനയായി എണ്ണ തവരില്ല അവംവാന നം വചനങ്ങൾ ഓടി കാണിക്കപ്പെട്ട അവരുടെ വാദമെല്ലാം നിങ്ങൾ ഉണ്മയ മൂതാദയരെ എഴുപ്പി കൊണ്ട് വാരുങ്ങൾ എന്തെ തവരവേറില്ല അല്ലാ ഉയർ കൊടുക്കാൻ പിന്നെ അവനേ ഉരണമടയാണ് പിന്നെ നാളെ അവൻ ഉണ്ടെ ഒന്ന് സേർപ്പാൻ ഇതിൽ സന്തേഹമേ ഇല്ലേ എനും മനിതരൽ പെരുമാറോർ ഇതെ അറിയ മാറ്റ നബിയേർ കൂറും അഞ്ചിയും വാനങ്ങൾ ഉടയവും ഭൂമിയുടേവും ആക്ഷി അല്ലാഹുക്കേ ഉറിയത് ഇതിീർപ്പക്കാൻ വേണ്ടി വന്ന് വായിക്കും നാളിൽ പൊയ്യുകൾ നഷ്ടമ അവരു സമുദായത്തെയും മുഴന്താളിട്ടേ കാണീർ ഒരൂ സമുദായമും അത പതിവ് പുത്തകത്തിൻ്റെ പക്കം അഴൈക്കപ്പെടും അന്ന് ഉലകിൽ ചെയ്ത് ഉയർന്ന കൂലി കൊടുക്കപ്പെടുവീ ഇത് ഉണ്ടെ പറ്റിയ ഉമ്മയെ നമ്മുടെ പുസ്തകം നിശ്ചയമാ നാം പതിവ് ചെയ്തുകൊണ്ടിരുന്നോം എന്ന് കൂറപ്പെടും ആകെ യവർ നമ്പിക്കൊണ്ട് നക്കർമ്മങ്ങൾ ചെയ്തു വന്നാകളോ അവൻ തൻ അരുളിൽ പ്രവേശിക്ക അതുവേ തെളിവാന വെച്ചാകും ആനാ നിരാകരിത്തവളം ഉണ്ടു വസനങ്ങൾ ഓടിക്കാണിക്കപ്പെട്ടൊണ്ട് ഇരിക്ക അപ്പോഴു നിങ്ങൾ പെരുമയടി കൊണ്ട് കുറ്റവളികളായി നിശ്ചയമാൻ വാക്ക് ഉള്ളത് മറമ്മിനാൾ അത് പറ്റിയും സന്തേഹം ഇല്ലേ എന്ന് അവർ മറമ്മനാൾ എന്നെ എന്ന് നാൽപ്പറിയോ അത് ഒരു വെറും കപ്പനെ കരുതുകരോ എനു ഉറതി എനുപവർ അല്ലെങ്കിൽ കൂടുതൽ അവർ ചെയ്ത തീമയെല്ലാം അന് നാളിൽ അവളിയാകും എതെ അവർ പരീഹാസം ചെയ്തു കൊണ്ടിരുന്നോ അതുവേ അവരെ സൂന്തു കൊള്ളും ഇന്നും ഉണ്ടായ ഇനിയ സന്ദിപ്പ മറന്ന് വിട്ടത് പോലേ ഇന്ന ഉ മറക്കുക അന്നിയും തങ്കുമിടം നരകംതാ ഉദവിസർ എവരും ഇല്ലേ എന്ന് അവരപ്പെടും ഇതൊക്കെ കാരണം അല്ലാഹു വസനങ്ങളെ ഏലന എടുത്തക്കൊണ്ടീട്ട് ഇവ ഉലക്കയും ഉള്ള മയക്കി ഏമാറ്റി വിട്ടത് എന്നും കൂടപ്പെടും അവർ അതിലിന് അവരുതലും ഏറ്റക്കൊള്ളപ്പെടാ വാനങ്ങളും റപ്പാണ ഭൂമിക്കും റപ്പാണ അഖിലക്കാരുക്കെല്ലാം റപ്പാണ അല്ലാഹുക്കേ എല്ലാ പുഴും ഇന്നും വാനങ്ങളിലും ഭൂമിയും ഉള്ള പെരു അമനക്കേ ഉറിയത് മേലും അവൻതാൻ യാവരെയും മികത്തവൻ ജ്ഞാനം മിക്കോ